അവർ അവനിൽ നിന്നൊളിക്കാൻ വേണ്ടി തങ്ങളുടെ നെഞ്ചുകൾ ചുരുക്കുന്നു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ മുഖം മറയ്ക്കുമ്പോൾ അവർ രഹസ്യമായി വയ്ക്കുന്നതും പരസ്യമായി വയ്ക്കുന്നതും അവനറിയുന്നു തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണ്